ദൈവനാമത്തിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഞായറാഴ്ചയും നമുക്കൊന്ന് ചാരിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നിന്ന് മൂന്ന് വാക്യങ്ങളെ വായിക്കുന്നു എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അഞ്ചാമത്തെ വാക്യത്തിൻ്റെ തുടക്കഭാഗം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നോക്കുക സങ്കീർത്തനക്കാരൻ മൂന്ന് ഭാഗ്യവർണ്ണനകളാണ് നടത്തുന്നത് മൂന്ന് കൂട്ടർ ഭാഗ്യമുള്ളവരാണ് അല്ലെങ്കിൽ യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഈ മൂന്ന് കാര്യങ്ങളും കാണണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ രണ്ട് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ മൂന്ന് നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് നമുക്കറിയാമല്ലോ ഈ എൺപത്തിനാലാമത്തെ സങ്കീർത്തനമെന്ന് പറയുന്നത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് ഈ കോരഹപുത്രന്മാരുടെ ഈ സങ്കീർത്തനം എൺപത്തിനാലാം സങ്കീർത്തനമാകട്ടെ അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനമാകട്ടെ ഈ സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നത് വലിയ ഭാഗ്യമാണ് അവിടേക്ക് ചെല്ലാൻ എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും എൻ്റെ ജീവ എൻ്റെ ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു അവിടെ ആയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്നുള്ള നിലയിൽ ദൈവാലയത്തെക്കുറിച്ചുള്ള വലിയൊരു താല്പര്യം ഈ സങ്കീർത്തനങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് ഈ കോരഹപുത്രന്മാർക്ക് ദേവാലയത്തെക്കുറിച്ചും ദൈവസന്നിധിയെക്കുറിച്ചും ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നതിനെ കുറിച്ചും ഇത്രയേറെ താല്പര്യം വരുന്നത് നമുക്ക് സംഖ്യാപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് പോലെ അവരുടെ പശ്ചാത്തലം ജീവിത പശ്ചാത്തലം ഈ കോരഹൂത്രന്മാരുടെ അവരെ കടന്നു വന്ന ആ ഒരു അവരുടെ കുടുംബ ചരിത്രം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് അവർ ദേവാലയത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ അവരുടെ ആത്മാവ് ഇത്രയേറെ കൊതിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളു ഈ കോരഹപുത്രന്മാരുടെ ചരിത്രം നമുക്ക് സംഖ്യാപുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മളെ കാണുമ്പോൾ ഭൂമി ഇരുപത്തിയാറാമത്തെ അധ്യായം സംഖ്യാപുസ്തകം ഇരുപത്തിയാറിൻ്റെ പത്ത് ഭൂമി വായി തുറന്ന് ദോദാൻ അബിറാം എന്നിവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു അവർ ഒരു അടയാളമായി തീർന്നു എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല ഏർ ഈ പശ്ചാത്തലം നമ്മൾ സംഖ്യാപുസ്തകത്തിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഹരോനും അഹരോൻ മഹാപുരോഹിതനായി മോശയുടെ നേതൃത്വത്തിൽ അവരെ കനാൻ നാട്ടിലേക്ക് പോകുന്ന സമയം ഇത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഈ നേതൃത്വത്തിനെതിരെ ഒരു കലഹം നടക്കുന്നു പ്രത്യേകിച്ചും അതിന് നേതൃത്വം നൽകിയത് ലേവിഗോത്രക്കാരൻ തന്നെയായ കോരഹാണ് കോരഹിനോടൊപ്പം ചേർന്ന ദാദാനും അബിരാമും അവരെ രൂപന്യ ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്നാൽ ലോ ലേവിഗോത്രത്തിൽ പെട്ട തന്നെയാണ് ഈ കലാപത്തിന് ഈ പാളയത്തിലെ പടയ്ക്ക് നേതൃത്വം നൽകുന്നത് കോരഹും ദാദാനും അബിരാമും അവർ ചേർന്ന് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് അവരെ സംഖ്യാപുസ്തകം പതിനാറാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ അഹരോനും മോശയ്ക്കുമെതിരെ ആ നിലയിൽ പെറുവിർത്തു അവർ അവരുടേതായ ചില ന്യായങ്ങൾ പറയുന്നുണ്ട് അവർ പറയുന്നു സഭയൊട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ് പതിനാറാമധ്യായം സംഖ്യാപുസ്തകം പതിനാറിൻ്റെ മൂന്നാമത്തെ വാക്യം സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ് യഹോവ അവരുടെ മധ്യുണ്ട് നോക്കുക എത്ര ശരിയായ ഒരു തിയോളജിയാണ് അവർ പറയുന്നത് എല്ലാവരും വിശുദ്ധരാണ് യഹോവ അവരുടെ ഉണ്ട് പിന്നെ നിങ്ങൾ യഹോയുടെ സഭയ്ക്കുമീതേ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു അവരുടെ തിയോളജിയൊക്കെ ശരിയായിരുന്നെങ്കിലും അതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ ദൈവമാക്കി വെച്ച ആ നേതൃത്വത്തിനെതിരെ മത്സരിക്കുകയായിരുന്നു അതാണ് തുടർന്ന് കാണുന്നത് അപ്പോൾ ദൈവം എന്തു ചെയ്യുന്നു ദൈവം അവരെ ന്യായം വിധിക്കുന്നതാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അതുവരെ ഇല്ലാത്ത ഒരു ലോക ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായി നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവത്തിലൂടെ ദൈവം കോരഹിനെയും ദാദാനെയും അബിറാമിനെയും അവരുടെ ദാദാനബിറാം എന്നിവരുടെ കുഞ്ഞുകുട്ടികളെയും എല്ലാം ആ നിലയിൽ നിലയിൽ ന്യായം വിധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ ഒരു വിശദമായ ചിത്രം സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിലും ഇരുപത്തിയാറാമത്തെ അധ്യായത്തിലും ആ നമുക്ക് വായിക്കാനായിട്ട് കഴിയും അവിടെ നമ്മൾ അതിൻ്റെ സഖ്യാപുസ്തകം ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഭൂമി വായി തുറന്ന് ദാദാനഭിറാം എന്നിവരെയും കോരഹിനെയും വിഴുങ്ങിക്കളഞ്ഞപ്പോൾ കോരഹിൻ്റെ പുത്രന്മാർ ഭരിച്ചില്ല ഈ കൂട്ടുകെട്ടിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല അവർ ആ മത്സരത്തിൽ പങ്കാളികളല്ലായിരുന്നു അവർ മാറിപ്പോയി അതുകൊണ്ട് ഭൂമി വായി തുറന്ന് വിഴുങ്ങിയപ്പോൾ അവരെ ആ നിലയിൽ നഷ്ടപ്പെട്ടു പോയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ സംഖ്യാപുസ്തകം പതിനാറാമത്തെ ആയം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കോരഹ യഹോവാമോശയോടെ കോരഹ ദാദാന അഭിറാം എന്നിവരുടെ വാസസ്ഥലത്തിന് ചുറ്റിൽ നിന്ന് മാറിക്കൊള്ളുക എന്ന് സഭയോട് പറക എന്നാണ് പറഞ്ഞു മോശം അതനുസരിച്ച് പ്രസ്താവിച്ചു എല്ലാവരും മാറി മാറിക്കളഞ്ഞു മുപ്പത്തി ഒന്നാമത്തെ വാക്യം മുതലേ മുപ്പത്തി വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കോരഹും ദാദാനും അബിറാമും അവരെ ഭൂമി വായി പിളർന്ന് വിഴുങ്ങുന്നതാണ് കാണുന്നത് അവരും അവരുടെ ദാദാൻ്റെയും അബിറാമിൻ്റെയും കുഞ്ഞുകുട്ടികളും അവരുടെ കൂടാരവും എല്ലാം ഉൾപ്പെടെ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പെട്ടെന്ന് അവരുടെ കീഴേ ഭൂമി പിളർന്നു ഭൂമി വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാത്തിനെയും സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യത്തിൽ നമ്മളെ കാണുന്നത് എന്നാൽ ഈ കാര്യം നടക്കുമ്പോൾ കോരഹയിൻ്റെ പുത്രന്മാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കാരണം അവർ ആ കൂട്ടുകെട്ടിലുണ്ടായിരുന്നില്ല അവർ നോക്കുക അവരെ അങ്ങനെ ദൈവാലയത്തിൽ നിന്ന് അവര് ആ നിലയിലുള്ള മത്സരത്തിൽ നിന്ന് കോരഹിൻ്റെ പുത്രന്മാർ മാറി നിന്നു എന്നാൽ ദൈവം പിന്നീട് ദേവാലയത്തെ ഉള്ള സങ്കീർത്തനങ്ങൾ രചിപ്പാനും ഒക്കെ അവരെ ശക്തിപ്പെടുത്തുകയും അവരനുഗ്രഹീതരായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവരെ എൺപത്തിനാലാം സങ്കീർത്തനത്തിലൊക്കെ ദൈവം നിന്റെ ആലയത്തിൽ വസിക്കുന്നത് എത്ര ഭാഗ്യമാണ് എന്നവർ പറയുന്നു നമ്മൾ ചിന്തിച്ച ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വരാ എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അവർ പറയുന്നു നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിലും നമ്മൾ ഇതേ ചിന്തകൾ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവാലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നമുക്ക് ഈ മൂന്ന് ഭാഗ്യവർണ്ണനകളും നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം എന്നാണ് കരുതുന്നത് ഒന്നാമത് പറയുന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിൻ്റെ ആലയം ഇന്ന് നമുക്കറിയാം ഇന്ന് ആ നിലയിൽ ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് നമ്മളെ ഒന്ന് കോരിഞ്ചേർ ആറാമധ്യായം അതിൻ്റെ പ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ദൈവജനത്തെക്കുറിച്ച് പറയുന്നു ആറാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ നിങ്ങളുടെ ശരീരം അപ്പോൾ നിങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് കർത്താവിൻ്റെ ആലയം അപ്പോൾ നമ്മൾ കേവലം ഒരു കാണാവുന്ന ഭൗതികമായ ഒരു പള്ളിയുമായിട്ടോ ഒരു സഭയുമായിട്ടോ ബന്ധപ്പെട്ട് നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ ഓരോരുത്തരും തന്നെ ദൈവത്തിൻ്റെ ആലയമായി മാറുകയാണ് വേണ്ടത് കണ്ടോ ദൈവം പുതിയ നിയമത്തിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറണം എഫ് എ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലും നമ്മളിതേ കാര്യം തന്നെ കാണുന്നുണ്ട് നമ്മളെല്ലാം വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ് ദൈവത്തിൻ്റെ ഭവനക്കാരാണ് ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ നിവാസമാണ് ഒരു ഹാബിറ്റേഷൻ ഓഫ് ഗോഡ് ആണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നു അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആലയം നമ്മൾ ഓരോരുത്തരും ആ നിലയിൽ ദൈവത്തിൻ്റെ ആലയമായി തീർന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ നമുക്കൊന്നാമതായിട്ട് നോക്കാം നമ്മൾ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആലയമായി തീർന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ആ ഭാഗ്യാവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശയം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാകണം എന്ന കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് എന്നാൽ മാത്രമേ യഹോയുടെ ആലയം അത് ഭാഗ്യാവസ്ഥ അതിൻ്റെ എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ നാലിൽ പറഞ്ഞത് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് യാഥാർത്ഥ്യമായി തീരുകയുള്ളു നമ്മൾ ഞായറാഴ്ച രാവിലെ ഒരു ഒരു പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു സഭയിൽ ചെല്ലുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു അവിടെ വരുന്നവരോട് ചിരിക്കുന്നു അവർക്ക് കൈ കൊടുക്കുന്നു ഇതുകൊണ്ടൊന്നും നമ്മൾ എന്തായി തീരുകയില്ല ആ ആലയത്തിൻ്റെ ഭാഗമായി തീരുകയില്ല ദൈവത്തിൻ്റെ ഭവനക്കാരായി തീരുകയില്ല ഏ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ആലയമായി തീരാൻ കഴിയുന്നത് യോഹന്നൻ്റെ സുവിശേഷം ഒന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അവകാശം കൊടുത്തു അധികാരം കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു റോമർക്കെഴുതിയ ലേഖനം പത്താമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന വായിക്കുന്നു ഇതാണ് ദൈവത്തിൻ്റെ മക്കളായി തീരാനുള്ള ആ പടി ഞാനിത് ആവർത്തിച്ചു പറയുന്നതിന് കാരണം നമ്മൾ വീടുകളിൽ ഇരുന്ന് പലതരത്തിലുള്ളവർ സഭയിൽ വരുന്നവരും അവരുടെ ബന്ധുക്കളും ഒക്കെ ചേർന്ന് കൊച്ചുകുട്ടികളുമൊക്കെ ചേർന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യത്യാസമാകുമ്പോൾ വീണ്ടും സഭകൾ കൂടുമ്പോ ഇതിനോട് ചേർന്ന് വീണ്ടും മീറ്റിങ്ങിനും ഒക്കെ വരികയും അവിടെ എല്ലാവരോടും നല്ല ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുകയൊക്കെ ചെയ്ത് ഇതിൻ്റെ ഭാഗമായി തീരാം എന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി അവരോരോരുത്തരും ഈ ദിവസങ്ങളിൽ ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരണം പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു അല്ലെങ്കിൽ സഭയിൽ പോകുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു അവിടെ വളർന്നു സൺഡേ സ്കൂളിൽ പഠിക്കുന്നു മീറ്റിങ്ങുകൾക്ക് പോകുന്നു എന്ന കാര്യം കൊണ്ട് മാത്രം അവര് ദൈവത്തിന്റെ ആലയമായി തീരുകയില്ല ഹാബിറ്റേഷൻ ഓഫ് ഗോഡ് എന്നത് സംഭവിക്കയില്ല മറിച്ച് അവരുടെ എല്ലാം ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവവുമായിട്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം വീണ്ടും ജന്മുണ്ടാകണം മാനസാന്തരം ഉണ്ടാകണം എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാം നമ്മള് ഇന്ന് ലോകം ഒരു വലിയ ദുരന്തത്തിലൂടെ കടന്നു പോവുകയാണല്ലോ അങ്ങനെയുള്ള ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ കർത്താവിൻ്റെ കാലത്തും അങ്ങനെ ഒരു ദുരന്തമുണ്ടായി അതിന് കാരണം എന്താണ് എന്ന് കർത്താവിനോട് ചിലർ ചോദിക്കുന്ന ഒരു ഭാഗം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ചിലർ വന്ന് കർത്താവിൻ്റെ അടുത്ത് ചിലർക്ക് ആ കാലഘട്ടത്തിൽ ചില ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത് ആ ദുരന്തങ്ങൾ എന്തൊക്കെയാണ് അത് പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര യാഗങ്ങളോട് കൂട്ടി ചേർത്തു അവരെ മൃഗീയമായിട്ട് വധിച്ചു എന്നിട്ട് അവരുടെ ചോദ്യം ഇത് സംഭവിക്ക അവരെ ഗലീലക്കാരിൽ മറ്റേ ഗലീലക്കാരിലെ എല്ലാവരിലും വെച്ച് പാപികളായിരുന്നു ഇതാണ് അവരുടെ മനസ്സിലുണ്ട ഉയർന്നു വന്ന ഒരു ചോദ്യം മറ്റൊരു സംഭവം അവിടെ ഉണ്ടായി ഷീലോഹാമിലെ ഗോപുരം വീണ് അതൊരു ദുരന്തമായിരിക്കും പെട്ടെന്നുണ്ടാകാവുന്ന ഒരു പ്രകൃതി ദുരന്തമോ എന്തോ കൊണ്ട് പെട്ടെന്ന് ഷീലോഹാമിലെ ഗോപുരം വീണ് എരിശിലേമിൽ പാർക്കുന്ന പതിനെട്ട് പേര് മരിച്ചുപോയി അപ്പോൾ ആളുകളുടെ മനസ്സിൽ ഉയർന്നു ചോദ്യം ഈ പതിനെട്ട് പേര് മറ്റെല്ലാ ഗലീലക്കാരെക്കാളും കുറ്റക്കാരായിരുന്നതുകൊണ്ടാണോ ഈ നിലയിൽ ഒരു മരണം അല്ലെങ്കിൽ പീലാത്തോസ് മറ്റു ഗലീലക്കാരെ ആ നിലയിൽ കൊല്ലാനിടയായത് അവരെ ഏറ്റവും പാവികളായതുകൊണ്ടാണോ ഈ ചോദ്യം കർത്താവിൻ്റെ മുൻപാകെ ഉന്നയിക്കുന്നു നമ്മളും ഇന്ന് കടന്നു പോകുന്ന ബന്ധത്തിൽ പലരും ഈ മഹാമാരിയില് പെട്ടെന്ന് മരിച്ചു ആ മരിച്ചു ചിന്തിക്കുമ്പോൾ പലരുടെ മനസ്സിലുള്ളത് അവർക്കെന്തുകൊണ്ട് അത് സംഭവിച്ചു അവര് പാപികളായതുകൊണ്ടാണോ അവര് കുറ്റക്കാരായതുകൊണ്ടാണോ ദൈവത്തിന്റെ ന്യായവിധി അവർക്കുണ്ടായത് അതുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങൾ ഇന്നും ആളുകളുടെ മനസ്സിലുണ്ട് കർത്താവ് ഭൂമിയിലായിരുന്ന കാലത്ത് ഇതേ ചോദ്യം തന്നെ കർത്താവിന്റെ മുമ്പാകെ വന്നു പക്ഷേ കർത്താവ് അവിടെ നൽകുന്ന മറുപടി എന്താ ആ മറുപടി ഈ കർത്താവ് അവര് കുറ്റക്കാരാണെന്നോ പാപികളാണെന്നോ മറ്റ് ഗലീലക്കാരെക്കാളെല്ലാം അവര് പാവികളായതുകൊണ്ടാണത് സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിശ്ലേമിൽ പാർക്കുന്ന മറ്റെല്ലാവരേക്കാളും അവർ കുറ്റക്കാരായതുകൊണ്ടാണ് ആ പതിനെട്ട് പേർ ഷീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചു എന്ന് കർത്താവ് ആണെന്നോ അല്ലെന്നോ പറയുന്നില്ല കർത്താവ് ആ ചോദ്യത്തിന് ഒരു മറുപടി പറയുന്നില്ല പക്ഷേ കർത്താവ് അതിന് രണ്ടിടത്തും പറയുന്നത് അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങള് നശിച്ചു പോകും രണ്ടിടത്തും അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലും ലൂക്കോസ് പതിമൂന്നിന്റെ മൂന്നിലും പതിമൂന്നിന്റെ അഞ്ചിലും ആവർത്തിച്ചു പറയുന്നു അവര് മരിച്ചു അവരെന്തുകൊണ്ട് മരിച്ചു അവർ കുറ്റക്കാരാണോ പാവികളാണോ എന്നതിനെ കുറിച്ച് ഒരു വിധി നടത്താൻ ഞാൻ തയ്യാറാവുന്നില്ല നമുക്കിന്ന് പല കാര്യങ്ങളിലും പല ദുരന്തങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇപ്പം നമുക്ക് മനസ്സിലാവുകയില്ല നമ്മൾ ഒരിക്കൽ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ഇതിൻ്റെയൊക്കെ പൂർണ്ണ ചിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഒരു അപകടത്തിൽ പെട്ടെന്ന് ഒരാളും മരിക്കുന്നു ഒരു ദൈവദാസൻ പെട്ടെന്ന് കടന്നു എന്തുകൊണ്ട് നമ്മളതിനെ വിധിക്കണ്ട കാരണം പലതിൻ്റെയും മറുപടി നമുക്ക് അവിടെ കിട്ടുകയുള്ളു പക്ഷേ ഓരോ അപകടവും ഓരോ ദുരന്തവും നമ്മളെ എന്ത് വേണം നമ്മളെ നമ്മുടേതായ ഒരു ആവശ്യബോധത്തിലേക്ക് നയിക്കണം അതാണ് കർത്താവ് ഇവിടെ പറയുന്നത് അവരുടെ കാര്യം എന്തുമാകട്ടെ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ നശിച്ചു അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ലോകം കടന്നു ഈ വലിയ മഹാമാരിയുടെ മുമ്പാകെ മരണങ്ങളുടെ മുമ്പാകെ നമ്മൾ അവരെ നോക്കി വിധി പ്രസ്താവിക്കുകയല്ല മറിച്ച് അത് നമ്മളെ ഒരു ആവശ്യബോധത്തിലേക്ക് നയിക്കണം ഈ സംഭവത്തിലൂടെ ദൈവം രണ്ടു കൂട്ടരോട് സം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ലോകത്തോട് ദൈവത്തെ അറിയാത്തവരോട് അവരോട് എന്താ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങളുടെ നിങ്ങൾ രക്ഷയിലേക്ക് വരണം ദൈവത്തിൻ്റെ ആലയമായി മാറണം ദൈവത്തിൻ്റെ ഹാബിറ്റേഷനായി തീരണം എന്നുള്ളതാണ് ദൈവം ലോകത്തോട് ലോക ദൈവത്തെ ഇതേ അംഗീകരിക്കാത്ത ആളുകളോട് പറയുന്നത് എന്നാൽ ദൈവത്തെ അംഗീകരിച്ച ആളുകളോട് ദൈവം പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ ശുദ്ധീകരിക്കുക അതുകൊണ്ട് നമ്മൾ എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വായിച്ചതിനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ സഭയിൽ വരുന്നവരുടെ ബന്ധുക്കളോ ആയിട്ടുള്ള ആരെങ്കിലും മാനസാന്തരപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നാനപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അതിനുള്ള ഒരു തീരുമാനത്തിൻ്റെ ദിവസങ്ങളായി തീരട്ടെ നമ്മൾ റോമർക്കെഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ കാണുന്നു പാവത്തിൽ മരിച്ചവരെയാണ് സ്നാനപ്പെടുത്തുന്നത് അല്ലാതെ കുഴിച്ചിട്ട് മരിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്നു വെച്ചാൽ സ്നാനത്തിലൂടെയല്ല രക്ഷ മരിച്ച് മറിച്ച് അവരെ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടുന്നത് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള പല പൗരോഹിത്യ സഭകളും ഈ കാര്യങ്ങളെയൊക്കെ ദൈവോചനത്തിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ സ്നാനപ്പെട്ടിട്ടുള്ളവരും ഒക്കെ ദൈവോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരിക നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ രണ്ടാമത്തെ കാര്യത്തിലേക്ക് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വ കടന്നു വരുമ്പോൾ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഈ ആള് ദൈവത്തിന്റെ മകനായി തീർന്നിട്ടുണ്ട് മകളായി തീർന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഒരു സ്വയബലമുള്ളവനായിട്ടാണ് നിൽക്കുന്നത് സങ്കീർത്തനക്കാരൻ കോരഹപൂത്രന്മാരെ അവർ പറയുന്നു നമ്മൾ നമ്മുടെ ബലത്തിൽ നിൽക്കുകയല്ല മറിച്ച് ദൈവത്തിൻ്റെ ബലം ദൈവത്തിൻ്റെ ബലം അത് നമ്മളിൽ ഉണ്ടാവണം നമ്മുടെ ബലം ദൈവത്തിനുള്ളത് സ സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ പതിനൊന്ന് നമ്മൾ വായിക്കുമ്പോ ബലം ദൈവത്തിനുള്ളതൊന്ന് ദൈവം അരളി ചെയ്തു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടുമിരിക്കുന്നു അതെങ്ങനെയാ നമ്മൾ പലപ്പോഴും സഭയില് കേൾക്കാറുണ്ട് നമ്മുടേതായ സ്വയബലം മാറണം ദൈവത്തിൻ്റെ ബലമായിരിക്കണം നമ്മുടെ ബലം എന്ന് ദൈവത്തിൽ ആശ്രയിക്കണം എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അങ്ങനെ കേൾക്കുന്നത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടു നമുക്കെങ്ങനെയാ രണ്ട് പ്രാവശ്യം കേൾക്കാൻ കഴിയുന്നത് ഒന്ന് സഭയിൽ ഇതൊരു തിയറി ആയിട്ട് കേൾക്കാം രണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ബലത്തെ ദൈവത്തിൻ്റെ ബലത്തിനായിട്ട് താഴ്ത്തി വയ്ക്കുമ്പോൾ അങ്ങനെ നമ്മുടെ പ്രായോഗിക ജീവിത സാഹചര്യങ്ങൾ അത് അനുഭവവേദ്യമാക്കുമ്പോൾ പ്രായോഗികമാക്കുമ്പോൾ നമ്മൾ രണ്ടാമത് അതേ കാര്യം കേൾക്കുകയാണ് ബലം ദൈവത്തിനാണുള്ളത് ദൈവത്തിൻ്റെ ദൈവത്തിൽ ബലമുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥ രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് പരിശോധിക്കാം ദൈവത്തെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിച്ചു കൽപ്പനകൾ അനുസരിച്ചു പക്ഷെ ഇപ്പോഴും സ്വയംബലമുള്ളവരായിട്ടാണോ നിൽക്കുന്നത് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല ബലം ദൈവത്തിനുള്ളതാണ് അത് നമ്മൾ രണ്ട് പ്രാവശ്യം കേൾക്കണം അതൊരു തിയറിയായിട്ട് സിദ്ധാന്തമായിട്ട് കേട്ടാൽ മാത്രം പോരാ പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് രണ്ടാമത് നമ്മള് ബലം ദൈവത്തിനുള്ളത് ആയിട്ട് നമ്മൾ ചിന്തിച്ചത് ബലം ദൈവത്തിലുള്ളവരാണ് ഭാഗ്യവാന്മാർ നമ്മുടെ സ്വാഭാവിക ബലം നഷ്ടപ്പെട്ട് നമ്മൾ ദൈവത്തിൻ്റെ ബലത്തിൽ ജീവിക്കുന്നവരാകണം ദൈവം അത് ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വാഭാവിക ബലത്തെ തകർത്തുകൊണ്ട് മാത്രമേ ദൈവത്തിന് ചെയ്യാൻ കഴിയുള്ളൂ കർത്താവായി യേശു അവിടുന്ന് യോഹനന്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ പറഞ്ഞിട്ടുള്ള പ്രശസ്തമായ വചനം നമുക്കറിയാം കോതമ്പു പണി വീണു ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു ചത്താൽ മാത്രമേ അത് വിളവുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയബലം ആ കോതമ്പ് മണി തനിയെ ഇരിക്കുന്ന അതിൻ്റെ സ്വയബലം തനതായിരിക്കുന്ന അവസ്ഥ അത് നഷ്ടപ്പെടണം അതിനായിട്ട് ദൈവം വിവിധ സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകും അറുപത്തിയാറാമത്തെ സങ്കീർത്തനത്തിൽ അങ്ങനെ സ്വയബലം നഷ്ടപ്പെടാനായിട്ട് ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളെ സങ്കീർത്തനക്കാരൻ വളരെ വേഗത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കണ്ടോ ഈ പതിനൊന്നും പന്ത്രണ്ടോ വാക്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ അത് വളരെ സ്വാതന്ത്ര്യമായിട്ട് സഞ്ചരിച്ചു ഒരാളെ ദൈവം തന്നെ ഒരു വലയിൽ അകപ്പെടുത്തുകയാണ് അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കുറയ്ക്കുന്നു ഇഷ്ടം പോലെ സഞ്ചരിച്ചിരുന്ന ആൾ ഒരു വലയിലകപ്പെട്ടു വലയിലകപ്പെട്ട ആൾക്ക് ആ വലയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കാൻ കഴിയും ഇന്ന് നോക്കുക നമ്മുടെ സാഹചര്യം നോക്കുക നമ്മളെ ഇഷ്ടം പോലെ ഓരോ ദിവസവും രാവിലെ ഇറങ്ങി ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്തിരുന്ന ആളുകൾ ഇന്നിതാ നമ്മളൊരു വലയിലകപ്പെട്ടതുപോലെയാണ് നമുക്ക് വീടെന്ന് പറയുന്ന ആ ചുറ്റുവട്ടത്തിനുള്ളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് കഴിയും നീ എന്നെ ഒരു വലയിലകപ്പെടുത്തി ഈ വലയിലകപ്പെടുത്തിയത് എന്തിനാണ് അവനിൽ ഒരു പ്രവൃത്തി ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ വാക്യത്തിലേക്ക് നോക്കാം അറുപത്തിയാറിൻ്റെ പതിനൊന്ന് നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി വലയിലകപ്പെടുത്തിയെങ്കിലും അവനാ വലയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാൻ കഴിയും എന്നാൽ രണ്ടാമത്തെ കാര്യം ദൈവം എന്തു ചെയ്യുന്നു ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു അപ്പോൾ വലയിലകപ്പെട്ട ആളിൻ്റെ മുതുകത്ത് ദൈവം ഒരു വലിയ ഭാരം വെക്കുക മുതുകൊരു ഭാരം വെച്ചാൽ എങ്ങനെയാണ് അത് നടക്കുന്നത് നിങ്ങള് അതൊന്ന് മനസ്സിലൊന്ന് കണ്ടു നോക്കുക ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക മുതുകത്ത് ഒരു വലിയ ഒരു നൂറ് കിലോ ഭാരമുള്ള ഒരു വലിയ ചാക്ക് നമ്മുടെ മുതുകത്ത് വെച്ചാൽ നമ്മളെ ദൈവം ആ നിലയില് താഴ്ത്തി നമ്മുടെ മുതുകത്ത് ഒരു ഭാരം വെച്ചിരിക്കുകയാണ് വിവിധ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചാണ് അത് പറയുന്നത് മൂന്നാമത് സംഭവിക്കുന്നു അങ്ങനെ മുതുകൊരു ഭാരം വെച്ച് ഒരു മനുഷ്യൻ ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്നത് അവൻ്റെ തല ഉയർത്തിപ്പിടിക്കുക തലയൊന്ന് പൊക്കി പിടിക്കുക എന്ന് മാത്രമേ അവന് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയുള്ളൂ എന്നാൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അറുപത്തിയാറാമത്തെ സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം അങ്ങനെ തല ഉയർത്തിപ്പിടിച്ചപ്പോഴുണ്ട് മനുഷ്യരെ തലയമേൽ കയറി ഓടിക്കുമാറാക്കി കണ്ടോ ഒരു മനുഷ്യന്റെ സ്വാഭാവിക ബലം അവനിലുള്ള ശക്തി ദൈവം ക്രമേണ ക്രമേണ ക്ഷയിപ്പിക്കുന്നതിൻ്റെ വിവിധ പടികളായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം ഒന്ന് അവനെ വലയിലകപ്പെടുത്തി രണ്ട് അവന്റെ മുതുകു ഭാരം വെച്ചു മൂന്ന് അവനെ തലയൊന്നുയർത്തി നോക്കാമായിരുന്നു ആ തലയിലൂടെയും ആളുകളെ കയറി ഓടിക്കുമാറാക്കി അങ്ങനെ തീയിലും വെള്ളത്തിലും കൂടെ കടത്തി കൊണ്ടുവരുന്നു എങ്കിലും അതിൻ്റെ എല്ലാം ഫലം എന്താ അവസാനം ഒരു പ്രോസ്പിരിറ്റിയിലേക്ക് നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഏറ്റവും ഫലം കായ്ക്കാൻ കഴിയുന്ന സ്ഥലം എന്നാണ് സമൃദ്ധി എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ റവായ എന്നൊരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഏറ്റവും ഫലം കായ്ക്കാൻ കഴിയുന്ന സ്ഥലമെന്നാണ് അതിൻ്റെ അർത്ഥമെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ കണ്ടോ ദൈവം ഈ പ്രയാസങ്ങളിലൂടെ ഒക്കെ നമ്മളെ നടത്തിക്കൊണ്ട് വരുന്നത് നമ്മളെ ഏറ്റവും ഫലം കായ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായ ദൈവത്തിൽ തന്നെ ബലമുള്ളവരായിട്ടായിരിക്കാനായിട്ടാണ് അങ്ങനെ നമ്മുടെ സ്വയബലത്തെ ചോർത്തിക്കളയാനും ദൈവത്തിൽ ബലം കണ്ടെത്താനുമുള്ള ദൈവത്തിൻ്റെ ശ്രമമായിട്ട് ഇതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയാണ് വേണ്ടത് നമുക്ക് എൺപത്തി നാലാം സങ്കീർത്തനത്തിലെ മൂന്നാമത്തെ ഭാഗ്യവർണ്ണന നോക്കുക മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് അപ്പൊ കണ്ടോ ആദ്യം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആലയമായി മാറി ആ ഒരു ഭാഗ്യാവസ്ഥ രണ്ട് നമ്മുടെ സ്വാഭാവിക ബലം പോയി ദൈവത്തിൽ ബലം കണ്ടെത്തി അത് അടുത്ത ഭാഗ്യാവസ്ഥ മൂന്നാമത്തെ ഭാഗ്യാവസ്ഥ ആ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ ദൈവത്തിലുള്ള ബലത്തിൽ നിര നിരന്തരം നടക്കുന്ന ഒരു മനുഷ്യനാണ് ഭാഗ്യവാൻ നമ്മുടെ ബലം നഷ്ടപ്പെട്ട ഒരു രംഗം അങ്ങനെ സംഭവിച്ചാലും പിന്നീട് നമ്മുടെ ഹൃദയം കഠനമാകാം നമ്മൾ നമ്മുടെ സ്വയബലത്തിലേക്ക് ഊന്നാനായിട്ട് കഴിയും നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ രണ്ട് വസ്തുക്കളിൽ ചൂട് വന്നാൽ ചിലത് ഉരുകി ഒലിക്കും ചിലത് ആ ചൂടിൽ കട്ടിയാകും പ്രതികൂലമായ ഒരു സാഹചര്യം വലയിൽ അകപ്പെടുത്തിയതും തലയിൽ ആ മുതുക ഭാരം വെച്ചതും തലയിൽ ആളുകളെ കയറി ഓടിക്കുമാറാക്കിയതുമൊക്കെ ചിലരെ ആ കർത്താവിലേക്കുള്ള കൂടുതൽ ആശ്രയത്വത്തിലേക്ക് നടത്തും ചിലരെ എന്തു ചെയ്യും അന്നേരം അവരൊന്ന് ഒന്ന് വിനയപ്പെട്ടാലും പിന്നീട് അവരുടെ ഹൃദയം കല്ലായിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ ജീവിതകാലം മുഴുവൻ ആ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ നടക്കുന്നവനാണ് ഭാഗ്യവാൻ എന്ന ഭാഗ്യാവസ്ഥയിലേക്കാണ് പന്ത്രണ്ടാമത്തെ വാക്യം വരൽ ചൂണ്ടുന്നത് സൈന്യങ്ങളുടെ യഹോവയിൽ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം കണ്ടോ നേരോടെ നടക്കുന്നവർക്ക് അപ്പൊ നടപ്പെന്ന് പറയുന്നത് ഒരു നിരന്തര ജീവിതത്തെ കാണിക്കുന്നു അല്ലാതെ ദൈവത്തിലുള്ള ഒരു ആശ്രയം പറയുന്നത് പെട്ടെന്ന് ഒരു സമയത്തുണ്ടായ ഒരു കണ്ണുനനയിലോ ഒരു ഗൽഗതമോ പെട്ടെന്നുണ്ടായ ഒരു വിനയപ്പെടലോ മാത്രം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല നടപ്പ് നടപ്പെന്ന് വെച്ചാൽ മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ ആ നടപ്പ് നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ആലയമായി തീർന്നു കർത്താവിൽ ബലം കണ്ടെത്തി ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് തന്നെ ബലമായിരിക്കുകയും സ്വയബലത്തെ നമ്മൾ എവിടെയൊക്കെ കാണുന്നോ അവിടെയൊക്കെ അതിനെ കണ്ടെത്തി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതി നമ്മളെ നയിക്കുമെങ്കിൽ അങ്ങനെയുള്ളവനാണ് ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഈ നിലയിൽ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഒരു ഭാഗ്യമായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞാൽ അത് പ്രയോജനമായിരിക്കും നമ്മൾ ഒന്നാമത് നമ്മൾ കണ്ടത് ദൈവത്തെ ആലയമായിട്ട് ദൈവത്തിൽ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരിക രണ്ട് സ്വയബലം നഷ്ടപ്പെട്ടവരായിട്ടായിരിക്കുക മൂന്നെന്ന് പറയുന്നത് സ്വയംബലം നഷ്ടപ്പെട്ട ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന ആ ഒരു അനുഭവം ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യം ദൈവത്തിൽ ബലമുള്ളവരായിരിക്കാൻ നമുക്ക് ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് വലിയ പ്രയാസങ്ങളുടെയും ദുരന്തങ്ങളുടെയും പീഡനങ്ങളുടെയും അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് ഇടയാക്കണേ ഞങ്ങളുടെ ചെറുപ്പക്കാര് ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ഞങ്ങളുടെ ബന്ധുമിത്രാദികള് സഭയിലെ പല കാര്യങ്ങളാലെ വരുന്നവരെ ആ ഒരു അനുഭവത്തിലേക്ക് വരണം അതുപോലെ തന്നെ ദൈവത്തിൽ ഞങ്ങളുടെ ബലം കണ്ടെത്താൻ സ്വയബലം നഷ്ടപ്പെട്ടവരായിട്ട് ദൈവത്തിൽ നിരന്തരം ആശ്രയിക്കുകയും ദൈവം തന്നെ ബലമായിട്ട് നിരന്തരം അങ്ങനെ നടക്കുകയും ചെയ്യാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്ന് ഞങ്ങൾ ഒന്നിച്ചാൽ പ്രാർത്ഥിക്കുന്നു അങ്ങിൽ ബലം കണ്ടെത്തിയവരായിട്ട് അങ്ങയിൽ ആശ്രയിക്കുന്നവരായിട്ട് അങ്ങേയോട് നിരന്തരം ബന്ധപ്പെട്ടവരായിട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഭയായിട്ട് അവിടെ വിളിച്ചിരിക്കുന്നു ആ വിളിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ പ്രതികരിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെ ക്രമീകരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ എന്നാ പ്രാർത്ഥിക്കുന്നു വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവ് കേവലം വചനം കേൾക്കുന്നവരായിട്ടല്ല അതിനെ പാലിക്കുന്നവരായിട്ട് അതിനെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാക്കുന്നവരാക്കി ആക്കി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിനായിട്ടും സ്തോത്ര കർത്താവേ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി മുതുകത്ത് ഭാരം വെച്ചു പക്ഷേ ആളുകളെ തലമേൽ കയറി മൊടിക്കുമാറാക്കിയെങ്കിലും നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നീ ഞങ്ങളെ നടത്തും